യൃാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധി യദൃച്ഛാ ലാഭസന്തുഷ്ടച്ചാൽ എന്താ പ്രതീക്ഷിക്കാതെ വരുമ്പോഴാണ് നമ്മള് എതിർച്ഛ എന്ന് പറയുന്നത് പക്ഷെ അതിന് പുറകിൽ അതിന് ഭഗവത് ഇച്ഛ എന്ന് വേണം പറയാൻ വാൽമീകി രാമായണത്തിൽ വാൽമീകി രണ്ട് മുഖ്യമായ സ്ഥലത്ത് ഈ വാക്കുപയോഗിക്കട്ടെ ഒന്ന് പട്ടാഭിഷേകത്തിന് വേണ്ടി ദശരഥൻ എല്ലാ ഏർപ്പാടും ചെയ്തു നാളെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നു അയോധ്യാപുരി മുഴുവൻ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ കൂനിക്കുറുകി ഒരു ഒരു കഴവി അങ്ങട് വരുന്നത് ആ വൃദ്ധ മാളിക മുകളിലേക്കുംനക്കെട്ട് കയറി എന്തിനാ കയറിയത് ചോദിച്ചാൽ വാൽമീകി പറഞ്ഞു ആവോ ഇവളെവിടുന്ന് വന്നു ആവോ ജ്ഞാതിദാസി യോ ജാതാം കൈകെയ്യാതു സഭോഷിതാം പ്രാസാദം ചന്ദ്രസങ്കാശം ആരുഹ അവൾ ചന്ദ്രസങ്കാശമായ പ്രാസാദത്തിലേക്ക് എതിർച്ചയാ കയറി ചെന്നു എന്നാണ് ആ എതിർച്ച ഉപയോഗിച്ചതോടുകൂടെ കഥ ഒരു ടേണിങ് പോയിന്റാണ് പ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റാണ് ആ എതിർച്ച ആ എതിർച്ചയ്ക്ക് അർത്ഥം നിയതി എന്നാണ് നിയതിയാണ് നിയതി കാരണം ലോകെ നിയതി കർമ്മസാധനം എന്നൊക്കെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് താരയ്ക്ക് ഉപദേശിക്കുമ്പോൾ ആ നിയതി തീരുമാനിച്ചു വെച്ചിരിക്കുന്നു ആ തീരുമാനത്തിനനുസരിച്ച് അവളത് ആ മാളിക മുകളിലേക്ക് മെനക്കെട്ട് കയറി അതോടുകൂടെ കഥ തിരിഞ്ഞു പിന്നെയും കഥ കുറേ ദൂരത്തേക്ക് ഒരുമാതിരി ഒഴുകി ഒഴുകി പഞ്ചവടിയിലെത്തി പഞ്ചവടിയിൽ ഭഗവാൻ സുഖമായി വസിച്ചു രാമായണത്തിലെ ഏറ്റവും സുഖമായ കാലഘട്ടം കാട്ടിലുള്ള കാലഘട്ടമാണ് പട്ടാഭിഷേകത്തിന് ശേഷവും സുഖമില്ല ഏറ്റവും സുഖമായത് ആ പതിനാല് വർഷമാണ് അതുകൊണ്ട് കൈകൈയെ കുറ്റം പറയാനൊന്നുമില്ല ഒരു പതിമൂന്ന് വർഷം വളരെ സുഖമായി ജീവിച്ചു കാട്ടിൽ പഞ്ചവട്ട്യാം വധൂട്ട്യാ എന്ന് ഭട്ടതിരി നാരായണീയത്തിലും പറയണു സുഖമിഹ വളരെ സുഖമായി ജീവിച്ചു എന്ന് കാട്ടില് ഭഗവാൻ തന്നെ പറയുന്നു എന്ത് വനവാസോ മഹോദയെന്ന് രാജ്യവാസത്തിനേക്കാൾ ഈ വനവാസമാണ് സുഖം എന്ത് സുഖം യാതൊരു ടെൻഷനില്ല ആ തലയില് യാതൊന്നിനെയും ചിന്തിക്കേണ്ട ആഗ്രഹമില്ലാത്തവന് ഇതിനേക്കാളും എന്തു സുഖം വനവാസത്തിലേക്ക് പോകാൻ പറയുമ്പോ ഭഗവാൻ കൈകേകിയോട് പറയുന്നു എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് വിഷമമേയില്ല എനിക്ക് ഈ അരമനയും ഈ കൊട്ടാരത്തിലൊന്നും ആസക്തിയില്ല അതാണ് യസ്യ സർവേ സമാരംഭാഹ കാമസങ്കല്പ വർജിതാഹ രാമായണവും ഉദാഹരണമാണ് തനിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വരേണ്ടത് നഷ്ടപ്പെടുമ്പോ കോപം വരണത് യാതൊരു കോപവും വരാതെ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ഓ ശരി എന്ന് പറഞ്ഞു സന്തോഷമായി പുറപ്പെടുന്ന രാമൻ പറയുന്നത് കൈകൈകിയോട് തന്നെ പറയുന്നത് അർത്ഥപറോദേവി ലോകമാവസ്തുസഹേം വിദ്ധിമാം ഋഷിസ്തുല്യം വിമലം ധർമ്മമാൻ ഈ ധനത്തിനും അർത്ഥത്തിനും ആഗ്രഹിക്കുന്നവനാണ് ഈ രാമൻ എന്ന് വിദ്ധിമാം ഋഷിപിസ്തുല്യം അത് രാമായണത്തിൽ ശ്രീരാമന് തന്നെ ഉള്ള ഒരു സ്വഭാവ വിശേഷമാണ് തന്നെ കുറിച്ച് തനിക്ക് നല്ലവണ്ണം അറിയണം അങ്ങനെ ഒരു സ്വഭാവമാണ് രാമൻ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ആർക്ക് തനിക്ക് അറിയില്ല എന്ന് അറിയില്ലയോ അവൻ വിഡ്ഢിയാണ് അവന് ഉപേക്ഷിക്കു തനിക്ക് അറിയില്ല എന്ന് അറിയുമോ അവന് വിനയമുണ്ട് അവനെ പഠിപ്പിക്കുക ആർക്ക് തനിക്ക് അറിയും എന്ന് അറിയുമോ അവനിൽ നിന്നും അറിവ് സ്വീകരിക്കുക എന്നാണ് രാമൻ ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് എനിക്ക് അറിയും എന്ന് വാസ്തവമായി തന്നെ അറിയാം അപ്പൊ ഭഗവാൻ പറയണത് ഋഷികൾക്ക് തുല്യനാണ് ഞാൻ എന്നാണ് വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിത്വം പരമഹംസന്മാരായ യോഗ യോഗികളുടെ ധർമ്മത്തിനെ അനുസരിക്കുന്നവനാണ് ഞാൻ ഞാൻ ഋഷികൾക്ക് തുല്യനാണ് രാജ അറിഞ്ഞുകൊള്ളുക എന്ന് സ്വയമേവ കൈകൈകിയോട് ഭഗവാൻ പറയുന്നുണ്ട് തനിക്കിതിനോടൊന്നും പറ്റില്ല എന്ന് ഇതൊക്കെ ഇപ്പൊ ഈ കർമ്മയോഗത്തിനെ ലക്ഷണമാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ആക്ഷന് പുറകിൽ ഡിസയർ ഉണ്ടെങ്കിൽ ആ കർമ്മത്തിന്റെ ഫലമോ കർമ്മമോ നമ്മളെ വിട്ടുപോകുമ്പോ വല്ലാത്ത പ്രത്യാഘാതം ഉള്ളിലുണ്ടാവും ആ പ്രത്യാഘാതം ഒന്നും രാമനിൽ കാണാത്തത് ഭരദ്വാജൻ തന്നെ ആശ്ചര്യപ്പെട്ട് വാൽമീകിയോട് ചോദിക്കുന്നു കാട്ടിലുള്ള നമ്മൾക്ക് പോലും വിട്ടുപോകാത്ത ഈ വികാരങ്ങൾ കാട്ടിലുള്ള നമ്മൾ പോലും തപസ് ചെയ്തിട്ടും ഒക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ആ മനസ്സടങ്ങി തരുന്നില്ല അങ്ങനെയിരിക്കുമ്പോ അരമനയിൽ കൊട്ടാരത്തിലിരുന്ന രാമൻ ഇത്രയധികം ശിരവും ഉണ്ടായിട്ട് അത് വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ യാതൊരു വിധത്തിലും ചാഞ്ചലയമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും സമാധിസ്ഥിതനായി വ്യവഹാരം ചെയ്യുകയും ചെയ്തതിന് പുറകിലുള്ള രഹസ്യം എന്താണ് എന്ന് ഭരദ്വാജൻ വാൽമീകിയോട് ചോദിക്കുമ്പോഴാണ് വാൽമീകി ഭരദ്വാജന് വാസിഷ്ഠരാമായണം ഉപദേശിക്കുന്നത് രാമന് വശിഷ്ഠൻ ഉപദേശിച്ച് ബ്രഹ്മവിദ്യയെ പറഞ്ഞുകൊടുക്കണത് ആ ബ്രഹ്മവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമാണ് രാമൻ രാമന് ബ്രഹ്മവിദ്യ മുഴുവൻ ഉപദേശിച്ച് വസിഷ്ഠൻ പറഞ്ഞു രാമ നീ ഇപ്പോ ഞാനി ആയിരിക്കും അറിയേണ്ടത് അറിഞ്ഞവനായിരിക്കും ഒന്നും അറിയാനില്ല നിനക്കിനി കാമോ ക്രോധമോ ഒന്നും തന്നെ ഉണ്ടാവില്ല കർമ്മം ചെയ്യണു എന്നുള്ള അഹങ്കാരം നിന്നെ ബാധിക്കില്ല എങ്കിലും ഉള്ളിൽ കർമ്മം ചെയ്യുന്നില്ലെന്ന് അറിഞ്ഞിട്ടും വെളിയിൽ കർമ്മിയായി നടിച്ച് ഉള്ളിൽ കോപമില്ലെങ്കിലും വെളിയിൽ കോപം നടിച്ച് കൊള്ളുക ഉള്ളയിൽ യാതൊരു വികാരവും ഇല്ലെങ്കിലും വികാരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു നാടകത്തിൽ പോലെ ലോകത്തിൽ വ്യവഹരിക്കൂ എന്നാണ് വസിഷ്ഠൻ ഉപദേശിക്കുന്നത് ബഹി കൃത്രിമ സംരംഭ അന്ത സംരംഭവർജിത ലോകേ വിഹരരാഘവ എന്നാണ് ഈ ലോകത്തിൽ കളിക്കൂ രാമാന്ന് ഒന്ന് വിഹരിക്കൂ എന്നാണ് വസിഷ്ഠൻ പറയുന്നത് അങ്ങനെ അറിഞ്ഞ രാമനാണ് കാട്ടിലേക്ക് പോകൂ എന്ന് പറയുന്നത് കാട്ടിലേക്ക് വരോട്ട് പോകാം കാട്ടിൽ ചെന്ന് സന്തോഷമായി ജീവിച്ചു സുഖമായി ജീവിച്ചു പഞ്ചവടിയിൽ വളരെ കാലം സുഖമായി ജീവിച്ചു പന്ത്രണ്ട് വർഷത്തിലധികം സുഖമായി ജീവിച്ചു അവസാനത്ത് ഒന്നൊന്നര വർഷത്തിനിടയിലാണ് ഈ രാവണൻ വരുന്നതൊക്കെ പഞ്ചവടിയിൽ അങ്ങനെ ഗോദരി നദീതീരത്തിൽ സൗഖ്യമായി പ്രകൃതി സൗന്ദര്യം രമിച്ചുകൊണ്ടും കഥാസംസക്തമായ സഹ അനേക കഥകളൊക്കെ സീതയ്ക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടും അതൊക്കെ വാൽമീകി മൂലത്തിൽ വിട്ടുപോയി അതൊക്കെ വാസിഷ്ടത്തിലും മറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ വാൽമീകി അവിടെ വെച്ചാണ് ലക്ഷ്മണന് അധ്യാത്മരാമായ ലക്ഷ്മണന് ബ്രഹ്മോപദേശം ലക്ഷ്മണോപദേശം ചെയ്യുന്നതും മറ്റും ഒക്കെ അവിടെ വെച്ചായിരിക്കണം അതൊക്കെ വാൽമീകി അവിടുന്ന് വിട്ടുപോയി അവിടെ സീതയ്ക്ക് പലതും പറഞ്ഞുകൊടുത്തു ഭഗവാൻ സീതയ്ക്ക് ഉപദേശം ചെയ്തു ഇങ്ങനെ പലതുമൊക്കെ പറഞ്ഞുകൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു എതിർച്ഛ എന്ന പദം പ്രയോഗിക്കുന്നത് വാൽമീക് ജീവിതം എങ്ങനെയാണല്ലോ ജീവിത നദി ഇങ്ങനെ സ്വച്ഛന്തമായി ഒഴുകിക്കൊണ്ടിരിക്കും നമുക്കറിയില്ല എപ്പോഴാ ഒരു ടേണിങ് പോയിന്റ് വരിക പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരും ആരെങ്കിലും മരിച്ചു എന്നോ എന്തെങ്കിലുമൊക്കെ ജോലി പോയിരുന്നോ കുട്ടികൾ ജനിച്ചോന്നോ ഒക്കെ ഇങ്ങനെയൊക്കെയാണ് എതിർച്ച വരിക പഞ്ചവടിയിൽ സുഖമായി കഥാസംസക്തമാനസഹ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത എതിർച്ഛ വരുന്നത് തം ദേശം രാക്ഷസിമ യർച്ഛയാ ആ സ്ഥലത്തിലേക്ക് ഒരു രാക്ഷസി ടൂറടിച്ച് ടൂറടിച്ച് അവിടെ ഒന്ന് എത്തി നോക്കി അതോടുകൂടെ കഥ മാറി ശൂർപ്പണക അവിടെ വന്നു അതോടുകൂടെ രാമായണം കഥ വീണ്ടു വന്ന് തിരിഞ്ഞു അപ്പൊ യദർച്ഛ എന്നുള്ള പദത്തിന് അർത്ഥം നിയതി എന്നാണ് അർത്ഥം നിയതി ഈ ശരീരത്തിനെ ജനിപ്പിച്ചത് നിയതിയാണ് ഈ ശരീരത്തിനെ ഗർഭത്തിൽ വെച്ച് ആരു നോക്കി നമ്മളിപ്പോ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ നാളെ ആരു നോക്കും അത് ഗർഭത്തിൽ ആരു നോക്കി ഒരു കല്ലിനെ പൊട്ടിച്ചാൽ ശിവാജി തന്റെ കോട്ടയും മറ്റും റിപ്പയർ ചെയ്യാൻ ഒരുപാട് ആളുകളെ ജോലിക്ക് വിട്ടിട്ട് നിൽക്കുകയാണ് അപ്പോ ശിവാജിയുടെ കൂടെ സമർത്ഥരാമദാസ് ശിവാജീന്റെ ഗുരു സമർത്ഥരാമദാസ് കൂടെ ഉണ്ട് സമർത്ഥരാമദാസ് എന്നെ വിളിച്ച് ശിവാജി കാണിച്ചു കൊടുക്കണംതാ നോക്കൂ ഇവിടെ പണി നടക്കുന്നു എത്ര ആളുകളാണ് എന്നെ ആശ്രയിച്ചിരിക്കണത് എന്നൊരു തോന്നൽ ശിവാജിയുടെ ഉള്ളിൽ വന്നു എത്ര ആളുകൾക്കാണ് ഞാൻ ജോലി കൊടുത്തിരിക്കണത് എത്ര ആളുകളാണ് എന്റെ ചോട്ടിൽ ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണത് എന്നൊരു സന്തോഷം ശിവാജിയുടെ ഉള്ളിൽ വന്നിപ്പോ സമർത്ഥരാമദാസ് ഒരു പണിക്കാരനെ വിളിച്ചിട്ട് അവിടെയുള്ള ഒരു കല്ല് പൊട്ടിക്കാൻ പറഞ്ഞു ഒരു കരിയും അയാൾ കൂടം കൊണ്ട് ആ കല്ല് പൊട്ടിച്ചു ആ കല്ലിന്റെ ഉള്ളില് ഒരു തേരാ ഒരു തവള ആ തവള അതിനകത്തിരിക്കണം അപ്പൊ ശിവാജിയോട് ചോദിച്ചു ഇതിനുമ്പോൾ നീയാണോ ഭക്ഷണം കൊടുക്കണത് നീ തവളക്ക് നീയാണോ ഭക്ഷണം കൊടുക്കണം ഗർഭത്തിലിരിക്കുമ്പോ ആര് ഭക്ഷണം തന്നു ഗർഭത്തിലിരിക്കുമ്പോൾ ഏത് ശക്തി വളർത്തി ഒന്നും അറിയില്ല നമുക്ക് നമ്മളുടെ ഇതിനൊന്നും വഴങ്ങാതെയാണ് അവിടെ വളർത്തുന്നത് ഇവിടെ ഇപ്പോ ഒരാളെ ഒരു അമ്മയോ അച്ഛനോ ഉപേക്ഷിച്ചത് കൊണ്ട് ആ കുട്ടി വളരില്ലേ എന്താ നമ്മുടെ വരരുചിയുടെ കഥയില്ലേ വായുണ്ടോ ചോദിക്കത്ര ഓരോ കുട്ടിയും ജനിച്ച ഉണ്ട് അന്നാ വിട്ടോളൂ അത് വളരും വായുണ്ടെങ്കിൽ വഴിയുണ്ട് അത് പാരമാർത്ഥികമാണ് അതാണ് എതിർച്ച എതിർച്ചുവെച്ചാൽ വായുണ്ടെങ്കിൽ വഴിയുണ്ട് എന്നുള്ളതാണ് എതിർച്ച ഓരോ ശരീരവും ഇവിടെ വരുമ്പോഴും ശരീരത്തിന് ജീവിക്കാനും മരിക്കാനും ഒക്കെ ഉള്ള സമയവും അതിന് ഭക്ഷണവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരാൾ ഇത് കേട്ടപ്പോ തീരുമാനിച്ചു ഞാൻ ഇന്ന് ഭക്ഷണം കുറച്ച് കഴിക്കില്ല ഞാൻ നോക്കട്ടെ അയാൾ പോയി ഒരു മരത്തിന്റെ മേലെ കയറിയിരുന്നു ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല ആരും ഭക്ഷണം കൊണ്ട് തന്നാലും ഞാൻ കഴിക്കില്ല എന്ന് തീരുമാനിച്ച് മരത്തിൽ കയറിയിരുന്നു കാട്ടില് ഭക്ഷണം കഴിക്കാതെ മരിക്കാൻ തീരുമാനിച്ചതാണ് എങ്ങനെയാ ഭഗവാന്റെ എതിർച്ഛാ നിയമം നടക്കാതെ നോക്കട്ടെ അപ്പൊ കുറെ നേരം കഴിഞ്ഞപ്പോ ഒരു വലിയ കല്യാണ പാർട്ടി അവിടെ വന്നു അവര് ഭക്ഷണ പൊതിയൊക്കെ അഴിച്ച് അവിടെ മരത്തിന് ചുവട്ടിലിരുന്നു ഇയാൾ പറഞ്ഞു അവര് നിർബന്ധിച്ചാലും ഞാൻ കഴിക്കില്ല അവരാരും തന്നെ നോക്കണില്ല അവരുടെ ഭക്ഷണമൊക്കെ കണ്ടാലും ഇയാൾക്ക് കൊതിയൊന്നുമില്ല ഇറങ്ങി കഴിക്കില്ല അങ്ങനെ ഇരിക്കുമ്പോ എവിടെയോ കുറെ കൊള്ളക്കാര് വരുന്ന കുതിര വരുന്ന ശബ്ദം കേട്ടതോടുകൂടി ഈ കല്യാണ പാർട്ടി പേടിച്ച് തൻ വസ്തുക്കളൊക്കെ കെട്ടിയെടുത്ത് ഈ ഭക്ഷണം മാത്രം അവിടെ ഇട്ടിട്ട് അവർ വേഗം അവിടെ നിന്ന് പോയി വന്നു അവർ നോക്കി ഇവിടെ സാധനങ്ങളൊന്നുമില്ല ഒക്കെ പോയിരിക്കുന്നു ശരി ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു കൊള്ളക്കാര് കള്ളന്മാര് എന്തായാലും ഭക്ഷണം ഉണ്ട് നല്ല ഭക്ഷണം വിശക്കുണ്ട് കഴിക്കാം അപ്പൊ ഒരു കള്ളന് സംശയം ഇത് ചിലപ്പോ രാജാവിന്റെ ആളുകളായിരിക്കും നമ്മളെ പിടിക്കാൻ വേണ്ടി വിഷം വെച്ച ഭക്ഷണം വെച്ചതാണെങ്കിലോ അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തിട്ട് വേണം കഴിക്കാൻ നോക്കിയപ്പോ മോളിൽ ഒരു ആസാമിയിരിക്കണം ഇറങ്ങി മാടാ ഏയ് ഞാൻ വരില്ല ഇറങ്ങി മാടാ പീടിച്ചിരുത്തി വായില് ഭക്ഷണം ഇട്ടിട്ട് കുന്തം കൊണ്ട് കുത്തിക്കൊടുത്ത നമുക്ക് ഈ ശരീര നിർവഹണത്തിന് പുറകിൽ നിയതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ നിയതിയെ അറിയുന്നവരായ ജ്ഞാനികൾ അജകരവൃത്തി പോലും സ്വീകരിക്കും അജകരവൃത്തി എന്ന് വെച്ചാൽ മലമ്പാമ്പ് കിടക്കണ പോലെ കിടക്കുക ഭക്ഷണം കിട്ടിയാ കഴിക്കാം എന്നാവും അവരതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി പോലും സ്വീകരിക്കും അതെല്ലാവർക്കും ഉള്ളതല്ല അത് അത്രയും ഉയർന്ന അവധൂത വൃത്തിയിലിരിക്കുന്നവര് എതിർച്ചാലാഭസന്തുഷ്ട എതിർച്ചയാ കിട്ടും എന്ന് അവർക്കറിയാം അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നത് കൊണ്ട് സന്തോഷമായി ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ അവിടെ ഒരു അവധൂതനമുണ്ട് അദ്ദേഹം കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എവിടെ ഭക്ഷണത്തിന് വശപ്പ് വരുമ്പോ എവിടെയും കിട്ടിയത് വാങ്ങി കഴിക്കും ചെങ്കൽ പൊടി ഇടക്കെടുത്തതിനിടെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മളിതാ അരി ഇത്തിരി ബന്ധിട്ടില്ലെങ്കിൽ ഡൈജഷൻ പ്രോബ്ലം എന്നൊക്കെ പറയണു അദ്ദേഹത്തിന് ഒരു പ്രോബ്ലവും കാണാനില്ല കണ്ണിന് മുമ്പിൽ ചെങ്കൽപ്പൊടി പൊടി പൊടിയായി വാരി നിങ്ങളുടെ സകല സയൻസും തോറ്റ പോവും അദ്ദേഹത്തിന് നിങ്ങളുടെ സയൻസും നിയമങ്ങളും ഒന്നും അവിടെ വില പോകില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചെങ്കൽപ്പൊടി സുഖമായി നമ്മള് ഇഡലിയും ദോശയും ഒക്കെ പോലെ തിന്നും ാഭസന്തുഷ്ട ദ്വന്ദ്വാതീത്ത അവിടെ തണുപ്പ് ചൂട് സുഖം ദുഃഖം ഒന്നുമില്ല മഴയാണെങ്കിൽ മഴ ചൂടാണെങ്കിൽ ചൂട് തണുപ്പാണെങ്കിൽ തണുപ്പും യാതൊന്നും ബാധിക്കുന്നില്ല ദ്വന്ദ്വാതീത്തോ ദ്വന്ദ്വങ്ങളൊക്കെ തന്നെ അഹങ്കാരത്തിനെ ആശ്രയിച്ചാണ് ദ്വന്ദ്വാണി സർവാഖി ത്രിപുട്ടി സാദ്ഗളിത അസത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ സദാ ചലിച്ചുകൊണ്ടിരിക്കും സത്തിനെ കണ്ടവൻ ദ്വന്ദ്വങ്ങൾ കൊണ്ടും ത്രിപുടികൾ കൊണ്ടും ബാധിക്കപ്പെടാതെ സദാ അചലസ്ഥിതിയിൽ നിൽക്കും അചലസ്ഥിതിയിൽ ഇരിക്കുന്നവൻ തണുപ്പ് വരികയാണെങ്കിൽ വരട്ടെ ചൂട് വരികയാണെങ്കിൽ വരട്ടെ സുഖം വരികയാണെങ്കിൽ വരട്ടെ ദുഃഖം വരികയാണെങ്കിൽ വരട്ടെ ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ വിമത്സരാ ആരോടും അയാൾക്ക് മാത്സര്യമില്ല മാത്സര്യം എല്ലാത്തിനും കാരണം ഈ വ്യക്തിബോധം അഹങ്കാരമാണ് അഹങ്കാരം പോയവനെ മാത്സര്യവും ഇല്ല കോമ്പറ്റീഷനും ഇല്ല യാതൊന്നുമില്ല ലോകമാണെങ്കിലോ കോമ്പറ്റീഷനിലാണ് പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നത് കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയും ചോദിക്കില്ലേ അവന് എത്ര കിട്ടി എന്ന് ചോദിച്ചിട്ടേ ഇവന്റെ മാർക്ക് ചോദിക്കുള്ളൂ അമ്മ മത്സരം മത്സരം എവിടെ വരുന്നു ഞാന് അവൻ അവനെ ഞാൻ കടത്തിവെട്ടണം ഇതൊക്കെ മത്സരമാണ് മാത്സര്യം ലോഭത്തിൽ നിന്നാണ് വരുന്നത് അഭിമാനത്തിൽ നിന്നാണ് വരുന്നത് ആ മാത്സര്യമില്ല ദ്വന്ദ്വാതീതോ വിമത്സര സമസി അസിദ്ധവും അയാൾക്ക് കിട്ടേണ്ടത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അയാൾ ബാധിക്കാതെ ശാന്തനായി പൂർണനായി ഇരിക്കുന്നു അങ്ങനെയുള്ള ആള് കൃത്വാഭി നീബ്യത അങ്ങനെയുള്ള ആള് പ്രവർത്തിക്കേണ്ടതൊക്കെ പ്രവർത്തിച്ചാലും കെട്ടപ്പെടില്ല ബന്ധിക്കപ്പെടില്ല കൃത് നിബ്യത്തെ അടുത്ത ശ്ലോകം ഗതസംഗസ്ഥേതാചരമാ സമഗ്രം പ്രവിലീയത്തെ വൃത്തസക്േ മുസ്വൃത്തധർമാധർമാധനാസ്ഥേതസ ജവസ്ഥേത സോയ യനിവൃത്യം നിവർത്തയ കമ്മ സമഗ്രം അഗ്രേ ഫലിനലീയത വിനശ്യർ ഗതസംഗസ് സത്സംഗം കൊണ്ട് എന്തുവേണം നിസ്സംഗത്വം വരണം അസംഗനാവണം അസംഗോഹം അസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയാഹ ഒന്നിനോടും സംഘമില്ലെന്ന് പറ്റില്ല ഗതസംഗസ് എന്തും പ്രവർത്തിക്കണോ എന്തും എപ്പ വേണമെങ്കിലും വിടാൻ തയ്യാറാണ് ചെറിയ കാര്യങ്ങളൊട്ടിപ്പിടിക്കും നമ്മൾ ചിന്ന ചിന്ന കാര്യം പോലും ഇല്ല ശാസ്ത്രീതിക്ക് ഒരുത്ത പച്ചടി അവപം വന്നിടും മുപ്പത് വർഷമാ നാക്കും വളമ്പിൻ മുപ്പത് വർഷമാ നാ ഇ പെരുമാറക്ക ഇപ്പൊ പുതിശ ഇവ വന്നിട്ട് യു ആർ രൂ പർഫാം ആക്സൻ യു ആർ ടു കിവ് അപ്പക്ഷൻ കർമ്മം ചെയ്യുന്നതിൽ എങ്ങനെ ഉത്സാഹമുണ്ടോ അതേപോലെ കർമ്മത്തിൽ നിന്നും വിട്ടുമാറാനും ആര് തയ്യാറാണോ അവൻ ഗതസംഘനാണ് അയാൾക്ക് സംഘമില്ല ഏത് പ്രവൃത്തി ഗതസംഘസ് മുക്തസ് അയാള് മുക്തനാണോ അയാളുടെ ശരീരം താനെന്ന് കരുതുന്നില്ല സദാ ആത്മാനുഭവത്തോടുകൂടെ ഇരിക്കുന്നവനാണ് ജ്ഞാനാവസ്ഥിത ചേതസഹ അയാളുടെ ചിത്തം ജ്ഞാനത്തിലവസ്ഥിതമാണ് ശരീരത്തിലോ മനസ്സിലോ ലോകവിഷയങ്ങളിലോ അല്ല സദാ ജ്ഞാനത്തിലവസ്ഥിതമായ ചിത്തത്തോടു കൂടിയാണ് ഇരിക്കുന്നത് പിന്നെ എന്തിനു പ്രവർത്തിക്കുന്നു യജ്ഞയാചരത കർമ്മ യജ്ഞത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നു ഭോഗത്തിനു വേണ്ടിയല്ല യജ്ഞത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു സദാ ഒരു യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാൾ അയാളുടെ ജീവിതമേ യജ്ഞമാണ് അയാൾ എന്ത് ചെയ്താലും യജ്ഞമാണ് യജ്ഞായ ആചാരത കർമ്മ അയാൾ എന്ത് ചെയ്താലും യജ്ഞമാവും വടക്കൂട്ടൊരു അമ്പലം ഉണ്ട് അമ്പലത്തില് പ്രതിഷ്ഠ ചെയ്തിട്ട് സ്വാമി ഇരിക്കണില്ല അമ്പൂരിമാര് ആഗമപ്രകാരം തന്ത്രപ്രകാരവും ഒക്കെ നല്ല വണ്ണം പരിശ്രമിച്ച് ഭംഗിയായിട്ടൊക്കെ കർമ്മ പ്രതിഷ്ഠിച്ചു സ്വാമി ഇരിക്കണില്ല എല്ലാ മന്ത്രതന്ത്ര ആഗമങ്ങൾ ചെയ്തിട്ടും ദേവത ഇരിക്കണില്ല അപ്പൊ പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചൊക്കെ നോക്കി അപ്പൊ പറഞ്ഞു അത് അവിടെ ഒരു ഭ്രാന്തൻ ഇരിക്കുന്നുണ്ട് നാരായണത്വഭ്രാന്തന അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു പ്രതിഷ്ഠിച്ചാ മതി ഇപ്പൊ ഇവര് പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പൊ മന്ത്രവും തന്ത്രവും ഒന്നും അറിയില്ലല്ലോ അയാ നാരായണത്വ മന്ത്രം വിളിച്ചോണ്ട് വന്നപ്പോ നാരായണത്ത് പ്രാന്തം നിങ്ങളൊക്കെ പുറത്തു വരും അത്രപോലത്ത് അവിടെ തന്ത്രത്തിനൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾ നിങ്ങളൊക്കെ പുറത്തു വരുന്നു അദ്ദേഹം ഉള്ളുപോയി വായിൽ വെറ്റലയാണേ അത് അവിടെ തുപ്പി എന്നിട്ട് അതിന്റെ മേലെ അങ്ങോട്ട് വെച്ചു ഇരിക്ക ഞാനി ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാണ് അയാളുടെ ഓരോ ചലനവും യജ്ഞമാണ് അത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ആർട്ടിഫിഷ്യലായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ മന്ത്രം കൊണ്ടും ഭാവന കൊണ്ടും ഒക്കെ അയാൾക്കത് നാച്ചുറലാണ് യാതൊന്നും അയാളെ ബാധിക്കില്ല അയാളുടെ ഓരോ ചലനവും യജ്ഞമാണ് ഓരോ വാക്കും അനുഗ്രഹമാണ് ശ്വാസപ്രശ്വാസം ലോകത്തിനെ മംഗളമാക്കി ചെയ്യുന്നു പുനാതിഭുവനത്രയം ലോകത്തിനെ മുഴുവൻ പരിശുദ്ധമാക്കി തീർക്കും അങ്ങനെയുള്ള ആള് ഗതസംഘസ് സംഘമില്ലാത്തവൻ മുക്തസ് മുക്തരാണ് അയാളുടെ ചിത്തമോ ജ്ഞാനാവസ്ഥിതചേത സഹ അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ യജ്ഞായാചരത അയാൾ ഇന്ന കർമ്മം തന്നെ ചെയ്യണമെന്നില്ല നാരായണത്ത് പ്രാന്തൻ കല്ലുരുട്ടിക്കൊണ്ട് മേലെ കൊണ്ടുപോയി വെച്ച് വൈകുന്നേരം ഉരുട്ടി ചുവട്ടിലിടുന്നതും ഒരു യജ്ഞം തന്നെയാണ് അവരെന്ത് ചെയ്യണു എന്നുള്ളതല്ല മുഖ്യം അവർ എന്ത് ചെയ്താലും അനുഗ്രഹമാവും ലൗകികൻ എന്ത് ചെയ്താലും കുഴപ്പമാവും എന്ത് ചെയ്താലും കുഴപ്പമാവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നമ്മളുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സാധനത്തിനും നമ്മളുടെ ചില അംശം ഉണ്ടാവും അതേപോലെ അവർ ചെയ്യുന്ന ഓരോന്നിലും അവരുടെ ചില അംശം ഉണ്ടാവും അത് മംഗളത്തിനാണ് ലോകമംഗളത്തിനാണ് വിവേകാനന്ദ സ്വാമികൾ ഇത് അവസാനം ഇൻസ്പെയർ ടോക്സിൽ പറയുന്നുണ്ട് എന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് സ്വാമികൾ പറയുന്നുണ്ട് സത്യം കണ്ടെത്തിയ ഒരാൾ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറിയിരുന്ന് കല്ലുകൊണ്ട് ആ ഗുഹാദ്വാര അവിടെ ശരീരം ഉപേക്ഷിച്ചാലും അയാളുടെ സത്യദർശനത്തിന്റെ അനുഭവം ആ പാറക്കല്ലുകളെ ഭേദിച്ചു പുറത്തുവന്ന് ലോകത്തിന് മംഗളം ചെയ്യുമെന്ന് യജ്ഞയാചരത കർമ്മ അങ്ങനെയുള്ള ആള് യജ്ഞത്തിനായി ലോകത്തിൽ ചില കർമ്മങ്ങളൊക്കെ ചെയ്താലും ആ കർമ്മത്തിന്റെ ഫലം ഒന്നും അയാളെ ബാധിക്കില്ല സമഗ്രം പ്രബലീയത്തെ അത് സമ്പൂർണമായും ഇല്ലാതായിട്ട് തീരും ലോകമംഗളത്തിനായിക്കൊണ്ട് അത് സമഗ്രത്തിലേക്ക് ലയിച്ചു ചേരും എന്ന് ചിലരുടെ വ്യാഖ്യാണ് അങ്ങനെയുള്ള ആള് ചെയ്യുന്ന കർമ്മത്തിന്റെ എഫക്റ്റ് ഒക്കെ തന്നെ ലോകമംഗളത്തിനായി അയാളുടെ കർമ്മമാണ് തപസ്സാവുക നമ്മൾ നരനാരായണന്മാരൊക്കെ സദാ തപസ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയേണ്ടത് അല്ലെ അവരുടെ തപസ്സുകൊണ്ട് അവർക്ക് ഒരു പ്രയോജനം വരില്ല അവരെന്തിനു തപസ് ചെയ്യണം തപസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ലോകത്തിൽ തപസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള നിഷ്കാമ്യമായി തപസ് ചെയ്യുന്ന ജ്ഞാനികളുടെ തപസ്സുകൊണ്ട് സമഗ്രത്തിൽ ആ തപസ് ഇരുന്നുകൊണ്ടേയിരിക്കും ആ തപസ് അവിടെ ഉള്ളതുകൊണ്ട് സാധകന്മാരായിട്ടും യോഗികളായിട്ടും ഉള്ളവർക്ക് അപ്പപ്പം പിടിച്ചുയറാനുള്ള ആ തപസ് അറിയേണ്ടത് അറിഞ്ഞു ജ്ഞാനി പിന്നീട് അയാൾ തപസ്സ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ തപസ് ലോകമംഗളത്തിനായിട്ട് തീരും യാതൊന്നും പ്രതീക്ഷിക്കാതെയും അവര് അനുസ്യൂതം തപസ് ചെയ്യും രമണ ഭഗവാൻ രമണഗീതയിലും പറയുന്നുണ്ട് അറിയേണ്ടത് അറിഞ്ഞ ജ്ഞാനി അനുസ്യൂതം തപസ് ചെയ്യുന്നവനാണ് അയാളുടെ തപസ് പുരോഗമിച്ചുകൊണ്ടേയിരിക്കും എന്ത് തപസ്സാണ് അഹമപേതകം നിജവിഭാനകം മഹതിത്തം തപോരമണ ഭാഗീയം അഹങ്കാരം ഉദിക്കായ്മയാണ് തപസ് ജ്ഞാന തപസ്സിൽ സദാവർത്തിക്കുന്നവനാണ് അവൻ അങ്ങനെയുള്ള ആളുടെ തപസ്സിന്റെ ഫലമോ എല്ലാവരുടെ മംഗളത്തിനായിക്കൊണ്ടും തപോമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കും സമഗ്രം പ്രബലീയത അങ്ങനെയുള്ള ആള് ചെയ്യുന്ന കർമ്മത്തിന്റെ ഗാംഭീര്യത്തിനെയാണ് അടുത്ത ശ്ലോകത്തില് പറയുന്നത് നോക്കാം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുത ബ്രഹ്മൈവേന ഗവ്യം ബ്രഹ്മകർമ്മസമാധിന എങ്ങനെയുള്ള കർമ്മമാണ് സമഗ്രം ആയി സമ്പൂർണമായി ലയിച്ചു ചേരുന്നത് എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമാണ് ഇവിടുന്ന് ജ്ഞാനയജ്ഞ പ്രകരണം ആരംഭിക്കുകയാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം അയാളൊരു യജ്ഞം ചെയ്യുന്നു എന്നാണ് ജ്ഞാനി ആ യജ്ഞ ഒരു യജ്ഞത്തിന് എന്തൊക്കെ വേണം അർപ്പണം ചെയ്യണം അർപ്പണം ചെയ്യുന്ന അഗ്നി വേണം അർപ്പിക്കുന്ന ഹവിസ് വേണം അർപ്പിക്കുന്ന ഹോതാവ് വേണം ആ യജ്ഞത്തിന് ഒരു പേര് വേണം യജ്ഞത്തിന് ഒരു ഫലം വേണം ഇതൊക്കെ തന്നെ ഇവിടെ ബ്രഹ്മമാണ് ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂത പരമ്പരാ ബ്രഹ്മാഹം ബ്രഹ്മമത് ശത്രുത് മിത്ര ബാന്ധവാഹ എന്ന് വാശിഷ്ടത്തിൽ ഒരാൾ പറയുന്നു ബ്രഹ്മചിത് എന്റെ ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ ഏതൊന്നും അത് ബ്രഹ്മമാണ് ബ്രഹ്മഭുവനം ഞാൻ കാണുന്ന പ്രപഞ്ചം ബ്രഹ്മമാണ് ബ്രഹ്മഭൂതപരമ്പരാഹ എന്റെ മുമ്പിൽ കാണുന്ന പ്രാണ പ്രാണിവർഗങ്ങളൊക്കെ തന്നെ ബ്രഹ്മമാണ് ബ്രഹ്മാഹം ്രഹ്മത് ശത്രു എന്റെ ശരീരവും ഞാനും എന്റെ ശത്രുക്കളും മിത്രങ്ങളും ബന്ധുക്കളും ഒക്കെ ബ്രഹ്മമാണ് ഇവിടെ ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല ദ്വൈതം നൈവ വിദ്യത്തെ രണ്ടാമതൊരു വസ്തു രണ്ടാമതൊന്നും തന്നെ ആരുടെ അനുഭവത്തിൽ ഇല്ലയോ ആ ജ്ഞാനിയുടെ അഖണ്ഡാനുഭവത്തിനെയാണ് ഇവിടെ പറയണത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മമാകുന്ന അർപ്പണമാണ് ഹവിസ്സും ബ്രഹ്മമാണ് ബ്രഹ്മത്തിനാലാണ് ഹോമിക്കപ്പെടുന്നത് ഇവിടെ വിഭക്തി ഒക്കെ ഇല്ലാതാവുകയാണ് എല്ലാവണം നോക്കണം ബട്ടേരി ആദ്യമായി വിഭക്തി ചൊല്ലാൻ ചൊല്ലിയ പറഞ്ഞപ്പോ വട്ടേരി വിഭക്തി പറഞ്ഞത് കൃഷ്ണോരക്ഷതുമാം ചരാചര കൃഷ്ണം നമസ്തേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹം അസഹത് കൃഷ്ണായതുഭ്യം നമ കൃഷ്ണാത് സമുത്തിതമിതം ജഗത് എല്ലാം കൃഷ്ണനാണ് കൃഷ്ണസാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ജലേ കൃഷ്ണ തുഭ്യം നമ ഏഴ് വിഭക്തികളും കൃഷ്ണനിൽ വെച്ചു വിഭക്തി ഇല്ലാതായാൽ ഭക്തിയായി കർത്താവില്ലാതായാൽ കർമ്മം യോഗമായി അഹങ്കാരമില്ലാതായി ജ്ഞാനമായി ഈ കർമ്മ ജ്ഞാനിയുടെ അകർമ്മത്തിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നു ബ്രഹ്മണാഹുതം ബ്രഹ്മയുവതേനഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന അയാള് സദാ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ പോലും അയാൾ സമാധിയിലാണ് എന്നാണ് അയാളുടെ കർമ്മം അകർമ്മമാണ് ബ്രഹ്മകർമ്മ സമാധിയിലാണ് അയാൾ എന്ത് യുദ്ധം എന്ത് പ്രവൃത്തി ചെയ്താലും അയാളെ ഒരു പ്രവൃത്തിയും ബാധിക്കുന്നില്ല അയാൾക്ക് വേണമെങ്കിൽ ഏകാന്തത്തിൽ ധ്യാനിച്ചിരിക്കാം വേണമെങ്കിൽ അടുക്കളപ്പണി ചെയ്യാം രമണാശ്രമത്തിൽ മഹർഷിയുടെ സമാധിക്ക് ശേഷം ഭഗവാന്റെ വളരെ അടുത്ത് ഇരുന്ന വലിയ ഒരു പരമഹംസൻ ഒരു മഹാത്മാ വിശ്വനാഥസ്വാമി ആർക്കും അറിഞ്ഞതേ ഇല്ല കുറച്ചു കാലത്തേക്ക് സ്വാമികൾ എവിടെ പോയിന്നേ അറിഞ്ഞില്ല ആശ്രമത്തിലുമൊക്കെ മഹർഷി പോയതോടുകൂടി അന്ന് ആശ്രമത്തിലൊന്നും വലിയ പണവും ഇല്ല ഒന്നുമില്ല അവസാനം ചില ഭക്തന്മാര് സ്വാമികളെ അന്വേഷിച്ചു പോയപ്പോ ഏതോ ഒരാളുടെ വീട്ടിൽ അടുക്കള പണിക്കാരനായിട്ടിരിക്കുകയാണ് അവർക്കറിയോ സ്വാമിയുടെ മഹിമ അവർക്കും അറിയില്ല സ്വാമിക്ക് അഭിമാനവും ഇട്ടില്ലാതെ എന്തെങ്കിലും പണിയണം ഈ ശരീരത്തിന് ജീവിക്കാൻ അവർക്ക് ആഷായം ഒന്നും എടുത്തിട്ടില്ല എവിടുത്തെ വസ്ത്രം ധരിച്ചിരിക്കുന്നു എല്ലാരും ബഹുമാനം കൊണ്ട് സ്വാമിന്ന് വിളിക്കുന്നല്ലാതെ ബാഹ്യമായി ഒന്നുമില്ല വിശു അവിടെ ചെന്ന് അന്വേഷിച്ച അടു ചെയ്തപ്പോ സ്വാമി അവിടെ അടുക്കള പണിക്കാരനായിട്ട് ഒരുക്കാണ് അവർക്ക് എന്ത് പണി ചെയ്താലും അവർക്ക് അഭിമാനവും ഇല്ല ഇന്നത് ചെയ്യണം എന്നുള്ള അഹങ്കാരവും ഇല്ല എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ശരീരം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നാലും അത് ബ്രഹ്മകർമ്മ സമാധിയാണ് അവരുടെ പ്രവൃത്തിയുടെ ഫലമൊന്നും അവരെ ബന്ധിക്കില്ല നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തി ഫലമൊക്കെ നമ്മളെ ബന്ധിക്കുന്നു ജ്ഞാനസ്ഥിതിയിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ആളുടെ പ്രവൃത്തിയുടെ ഫലമൊന്നും അയാളെ ബന്ധിക്കുന്നില്ല ഇത്രയും പറഞ്ഞ് ഇനി യജ്ഞ പരമ്പരയാണ് പല യജ്ഞങ്ങളെയാണ് ഇവിടെ പറയുന്നത് ജ്ഞാനയജ്ഞമാണ് ഈ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹബിഹി ബ്രഹ്മാഗ് ബ്രഹ്മണാഹുതം എന്ന് പറഞ്ഞത് ജ്ഞാനയജ്ഞമാണ് ഇനി ദൈവയജ്ഞം ഇന്ദ്രിയ യജ്ഞം പ്രാണയജ്ഞം എന്ന് തുടങ്ങി ആഹാരത്തിനെ നിയമനം ചെയ്യുന്ന യജ്ഞം ഇങ്ങനെ പലതും തുടങ്ങി അവസാനം ജ്ഞാനത്തിനെ വാഴ്ത്തുകയാണ് ഈ പരമ്പരയുടെ മുഖ്യം കർമ്മം കൊണ്ടൊക്കെ യജ്ഞം ചെയ്താൽ അതിനനുസരിച്ചൊക്കെ ഫലം കിട്ടും പക്ഷെ അവസാനം ഈ ജീവൻ ജ്ഞാനത്തിനെ നേടണം ആത്മസാക്ഷാത്കാരം നേടണം അതിനൊരു സദ്ഗുരുവിനെ സമീപിച്ച് ജ്ഞാനോപദേശം സ്വീകരിക്കണം ജ്ഞാനം കൊണ്ടേ ഒരു ജീവന് നിവൃത്തി ഉണ്ടാവുകയുള്ളൂ ജ്ഞാനാദേവഹി കൈവല്യം അതിന് പക്വമായിട്ടില്ലെങ്കിൽ പക്വമാകാൻ വേണ്ടി ബാക്കിയുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്ത് ചിത്തശുദ്ധി നേടാം നമുക്ക് ആസക്തിയുള്ള വസ്തുക്കളെയൊക്കെ യജ്ഞം കൊണ്ട് സംശുദ്ധമാക്കി ചിത്തത്തിനെ ശുദ്ധമാക്കാം പക്ഷേ അവസാന എന്നെങ്കിലുമൊക്കെ ഭഗവാൻ പറയുന്ന കാര്യം ചെയ്യേണ്ടി വരും സദ്ഗുരുവിനെ സമീപിച്ച് പരിപ്രശ്നേന സേവയാ എനിക്ക് പരമാത്മതത്വം ഉപദേശിച്ചു തരൂ എനിക്ക് വഴി കാണിച്ചു തരൂ എന്ന് ചോദിച്ച് അറിഞ്ഞ് ആത്മസാക്ഷാത്കാരത്തിനും ആവാക്യോപദേശത്തോടുകൂടെ സത്യസാക്ഷാത്കാരത്തിനുള്ള മാർഗം ചോദിച്ച് മനസ്സിലാക്കി സത്യത്തിനെ അറിഞ്ഞാൽ അവൻ സദാ ജ്ഞാന യജ്ഞത്തിൽ പ്രതിഷ്ഠിതനായിട്ട് തീരും ദുഃഖത്തിനെ ഇല്ലാതാക്കി തീർക്കും അതാണ് എല്ലാത്തിനേക്കാളും വലിയ യജ്ഞം എന്ന് വാഴ്ത്തുകയാണ് ഭഗവാൻ ആ വിഷയത്തിലേക്ക് നമ്മൾ നാളെ കടക്കാം ഇന്ന് കുറച്ച് ഓവർ ടാക്സിംഗ് ആയി അതുകൊണ്ട് എട്ടുമണിക്ക് തന്നെ നിർത്താണ് ഫാലോദഗേഷു കീടം ശൂലാഹതാരതികൂട്ട ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദേ അംഗേ വിരാജദ് ഭുജംഗം അഭ്രഗംഗാതരാമോത്തമാണീകുറംഗ സിദ്ധസംസേവിത്രി ഭജേ മാർഗന്ധംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ നിിദ ശേഷോകേശവൈരി പ്രതാ പാർത്തസ്വരാപം കൃത്വാസം ഭജേ ദിവസന്മാർ ബന്ധു മഹാദേവേവം ശംഭോ മഹാദേവേവാ കർപ്പർപ്പമീശം ഠം മഹേശം മഹാവ്യോമകേശം കുന്ദന്തോട്ടൂര്യ പ്രകാശം ഭജേ മാർബന്ധു ശംഭോ മഹാദേപ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവാ മൂതേരുദാരം മന്ദഗേന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ദൂരദൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവേവാ സേപ്പേ സന്തു നിരാമയാേ ഭദ്രാ പശ്യന്തു മാ കിഖവാക് ഭ മമാത്മാവസി മോ മിച്ചിദസ്തിയവേഷ്ടുരുമാത്മനഥം രമണം ഭജ